വിശ്വാസികളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത് ഖുർആൻ അവതരിക്കപ്പെട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അവയെക്കുറിച്ച് ചോദിച്ചാൽ അവ നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടും അല്ലാഹുസുബഹാനുഹൂവത്തായാല അത് മാപ്പിച്ചു തന്നിരിക്കുന്നു അല്ലാഹുസുബഹാനുഹൂവത്തായാല ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു